അഞ്ചാമത്തെ ലക്ഷണം എന്താണ് പ്രകാശത്വം അത് ദോഷം ഒന്ന് എങ്ങനെയാണ് പിന്നെ എന്ത് സംഭവിച്ചു േതത്വം എന്ന് പറഞ്ഞപ്പോ സംഭവിച്ചു പ്രദീപജാനം ഇതം എന്ന് പറയുന്ന അനുവസായ അതിന്റെ വിഷയമായി പ്രദീപം വീണ്ടും പ്രദീപത്തിൽ അടുത്ത ചോദ്യം എന്താണ് ഈ സ്വവ്യവഹാരേതത്വം സ്വവ്യവാരേതുത്വ സതി പ്രകാശത്വം എന്ന് പറയുന്നത് സ്വവ്യവഹാരേതത്വം പ്രകാശത്തിൻ്റെ വിശേഷണമാണോ ഉപലക്ഷണമാണോ പ്രകാശം എന്ന് പറഞ്ഞാൽ അദ്വൈതത്തിൽ പറഞ്ഞാൽ പ്രകാശം എന്താണ് ചിതാത്മാവാണോ ചിതാത്മാവപ്രകാശമാണ് അപ്രകാശത്തിൻ്റെ വിശേഷണമാണോ ഉപലക്ഷണമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിതാത്മാവിൻ്റെ വിശേഷണമാണോ ഉപലക്ഷണമാണോ എന്നർത്ഥാത് ശ്രദ്ധിക്കും അതിന് വിശേഷണം എടുത്തു കഴിഞ്ഞാൽ എന്തു പറഞ്ഞു ലക്ഷണത്തിൽ അവ്യാപ്തി വരുന്ന എന്തുകൊണ്ട് മുക്തിപ്രളയാദികളിൽ ആത്മാവ് നിർധർമ്മകമാണ് അവിടെ ഒരു ധർമ്മവുമില്ല സ്വവ്യവഹാരഹേതുവം അവിടെ ഇല്ല പറഞ്ഞ ലക്ഷണം ലക്ഷ്യത്തിൻ്റെ ലക്ഷ്യം എന്താണ് എൻ്റെ ഒരു ഭാഗത്തോണ്ട് ഒരു ഭാഗത്തില്ല മുക്തിപ്രളയ അവസ്ഥയിലുള്ള ആത്മാവിൽ ലക്ഷണമില്ല സംസാരാവസ്ഥയുള്ള ആത്മാവിൻ്റെ ലക്ഷണം ലക്ഷണം ലക്ഷണം ഉണ്ട് അപ്പൊ ആത്മാവിൽ ഒരു ഭാഗത്തെ ലക്ഷണം സമന്വയിക്കുന്നു വേറൊരു ഭാഗത്ത് ലക്ഷണം കാലഭേദമനുസരിച്ച് സംസാരികാവസ്ഥ എന്ന് പറയുന്ന ഒന്ന് ഈ കാലം അവിടെ സ്വവ്യവാരേതുത്വം ഉണ്ട് അതേസമയം മുക്തി പ്രളയം മുക്തിയിലും പ്രളയകാലത്ത് മുക്തിയിൽ പ്രത്യേകിച്ച് കാലമൊന്നുമില്ല പ്രളയം എന്ന് പറയുന്ന ഒരു കാലമാണ് അവിടെ എന്തു പറയുന്നു സർവ്യവഹാര ഹേതുത്വം ഇല്ല വ്യവഹാരമൊന്നും നടക്കുന്നില്ല ലക്ഷണം സമന്വയിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഉപലക്ഷണമായി എടുക്കാം ഉപലക്ഷണത്തിൻ്റെ ലക്ഷണം എന്താണ് അവിദ്യമാനം സദ്വ്യാവർത്തകമാണ് ലക്ഷണം എപ്പോഴും വ്യാപർത്തകമാണ് വ്യാവർത്തർ വ്യവഹാരൂപ ലക്ഷണ പ്രയോജനം ലക്ഷണത്തിൻ്റെ മുഖ്യമായ പ്രയോജനം വ്യാവർത്തിയാണ് ലക്ഷ്യത്തെ ഇതരങ്ങളിൽ നിന്ന് വ്യാവർത്തിപ്പിക്കുക ജവേർ തിരിച്ചറിയിക്കുക അങ്ങനെയുള്ള ലക്ഷണം ഉപലക്ഷണമായി കഴിഞ്ഞാൽ അതെപ്പോഴും അവിടെ വേണമെന്നില്ല അവിദ്യമാനം സദ് വ്യാവർത്തകം എപ്പോഴവിടെ ഇല്ലെങ്കിലും ഉപലക്ഷണമാകാം ഉപലക്ഷണം തന്നെ ലക്ഷണമാകാം അപ്പോൾ സ്വ്യവാര ഹേതുത്വം എന്ന് പറയുന്ന ഉപലക്ഷണം അത് മുക്തിപ്രളയാദികളിൽ ഇല്ലെങ്കിലും അത് ലക്ഷണമാകാം അങ്ങനെ ഒരു ലക്ഷണത്തെടുത്തു കഴിഞ്ഞാൽ എന്താണ് അഭ്യാപ്തി ദോഷം ഇല്ല പിന്നെ ദോഷം പറയാൻ പറ്റില്ല കാരണം ലക്ഷണം ഉപലക്ഷണ അത്രയും എപ്പോഴും ഇരിക്കണമെന്ന് പലപ്പോഴും ഇരുന്നാലും അത് ലക്ഷണമാകും അതാണ് ചോദിക്കുന്നു ഇവിടെ ഹേതുത്വം എന്ന് പറയുന്ന ഉപലക്ഷണം അതുകൊണ്ട് ഉപലക്ഷിതമായതെന്താണ് പ്രകാശം പ്രകാശ ഉപലക്ഷിതമായി ഉപലക്ഷിതത്വം അപ്പൊ പ്രകാശത്തിൽ വന്ന ഈ ഉപലക്ഷിതത്വം ചോദിക്കുന്നത് എന്താണോ ഉപലക്ഷിതത്വം അതെന്താണെന്ന് പറയണമെന്ന് എന്താണ് ഉപലക്ഷിതത്വം എന്ന് നിങ്ങൾ പറയുന്നു അതൊരു ധർമ്മമാണ് ഉപലക്ഷിതത്വം ധർമ്മമാണ് അതെന്താ സാധനം പറയുന്നത് പ്രകാശസ്വരൂപം തന്നെ ഉപലക്ഷിതത്വം പ്രകാശസ്വരൂപം അവിടെയാണ് തകരാറ് കാരണം പ്രകാശത്തിലൊരു ഉപലക്ഷണം വന്നതുകൊണ്ടാണ് പ്രകാശം എന്തായത് ഉപലക്ഷിതമായത് അത് ഉപലക്ഷിതമായതുകൊണ്ടാണ് അവിടെ എന്തു വന്നത് ഉപലക്ഷിതത്വം ആ ഉപലക്ഷിതത്വത്തെ എന്താക്കി പ്രകാശമാക്കി അത് പ്രകാശമാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ ഉപലക്ഷണമുണ്ടോ പിന്നെ ഉപലക്ഷണമില്ല കാരണം ഉപലക്ഷണം കൊണ്ട് ഉപലക്ഷിതമായി ഉപലക്ഷിതമായോണ്ട് ഉപലക്ഷിതത്വം വന്നു ആ ഉപലക്ഷിതത്വം എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് പിന്നെ ഇനി ഉപലക്ഷണം എവിടെ നിൽക്കും പിന്നെ ഉപലക്ഷണമില്ലല്ലോ കാരണം ഉപലക്ഷണം കൊണ്ട് എന്താണോ സംഭവിച്ചത് അതെന്തായി പ്രകാശം തന്നെ സ്വരൂപം എന്ന് പറയുന്നു ഉപലക്ഷണം വന്നുകൊണ്ടല്ലേ ഉപലക്ഷിതത്വം വന്നത് അപലക്ഷിതത്വം തന്നെ അങ്ങ് പ്രകാശമായി കഴിഞ്ഞാൽ പിന്നെ ഉപലക്ഷണം എവിടെ പിന്നെ ഉപലക്ഷണത്തിന് എങ്ങനെ സ്വീകരിക്കും ഉപലക്ഷണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തുവേണം അത് ഉപലക്ഷിതമാകണം ഉപലക്ഷിതമായ അവിടെ എന്ത് വരണം ഉപലക്ഷിതത്വം വരണം എന്നാൽ ഉപലക്ഷണത്തെ സ്വീകരിക്കും ഉപലക്ഷിതത്വം പ്രകാശസ്വരവുമായി കഴിഞ്ഞാൽ പിന്നെ ഉപലക്ഷിതത്വം ഉണ്ടാ ഉണ്ടാ പ്രത്യേകിച്ച് ഉപലക്ഷിതമുണ്ടാ ഉപലക്ഷിതമില്ലെങ്കിൽ പിന്നെങ്ങനെ ഉപലക്ഷണം വരും വരൂ ഉപലക്ഷണം ഉണ്ടെങ്കിൽ എന്ത് വരത്തുള്ളൂ ഉപലക്ഷിതം വരൂ ഉപലക്ഷിതമില്ലെങ്കിൽ ഉപലക്ഷണം ഉണ്ടോ തിരിച്ചുമില്ല ഉപലക്ഷണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തുവരും പ്രകാശം ഉപലക്ഷിതം ഉപലക്ഷിതമായി അവിടെ എന്തുവരും ഉപലക്ഷിതത്വം വരും ആ ഉപലക്ഷിതത്വത്തെ സീറോ ആക്കി എന്നുവെച്ചാൽ സ്വരൂപമായി ഇനി ഉപലക്ഷിതത്വം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഉപലക്ഷിതത്വം ഇല്ലെങ്കിൽ അത് ഉപലക്ഷിതമെന്ന് പറയാൻ പറ്റുമോ പറ്റത്തില്ല കാരണം ഉപലക്ഷിതമുണ്ടെങ്കിൽ എന്തുവരും പ്രകാശ ഉപലക്ഷിതമാണെങ്കിൽ അവിടെ എന്തുവരും ഉപലക്ഷിതത്വം വരും പറയുന്നു ഉപലക്ഷിതമാണ് പക്ഷെ ഉപലക്ഷിതത്വം ഇല്ല ഏതുപോലെയാണ് ഗോവുണ്ട് ഗോത്വമില്ലെന്ന് പറയാൻ പറ്റൂ ഘടമുണ്ട് ഘടത്വില്ലെന്ന് പറയാൻ പറ്റൂ അപ്പം പറയണം ഇവിടെ ഗോത്വില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ ഗോവില്ല അപ്പം ഉപലക്ഷിതത്വം പ്രകാശമെന്ന് പറഞ്ഞാൽ പിന്നെ ഉപലക്ഷിതത്വം ഇല്ല പ്രകാശസ്വരൂപമായി ഉപലക്ഷിതത്വം ഇല്ലെങ്കിൽ പിന്നെ എന്തല്ല ഉപലക്ഷിതമായ പ്രകാശമില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണോ പ്രകാശത്തിന് ഉപലക്ഷണമില്ലെന്നാണ് പോയോ ഇനി എന്തിനാണ് ഉപലക്ഷണമായി സ്വീകരിച്ചത് സ്വ്യവാരേതത്വ ഉപലക്ഷണമില്ലെങ്കിൽ സ്വവ്യവഹാരേതത്വം ഉണ്ടോ ഉണ്ടോ ഉപലക്ഷിതത്വം ഇല്ല ഉപലക്ഷിതമില്ല ഉപലക്ഷണമില്ല പിന്നെ സ്വയഹേതത്വം ഉണ്ടോ പിന്നെ ഇപ്പൊ എന്തായി ലക്ഷണം പ്രകാശം പ്രകാശം എന്ന് പറയുന്നത് എന്താ പ്രകാശംന്ന് പറയുന്നത് എന്താണത് പ്രകാശം എന്താണ് സാധനം ജ്ഞാനം ഇവിടെ ലക്ഷ്യം എന്താണോ ചിതാത്മ അതെന്താണോ ജ്ഞാനം ഇപ്പൊ ജ്ഞാനം ജ്ഞാനം ജ്ഞാനം പ്രകാശം പ്രകാശം ജ്ഞാനം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണമാകും ലക്ഷണം ശ്രദ്ധിക്കത്തില്ല മനസ്സിലായോ സ്വരൂപാണ് ഉപലക്ഷിതത്വം എന്താണെന്ന് ചോദിച്ചാൽ പ്രകാശം അപ്പം ഉപലക്ഷിതത്വം വേറെ ഉണ്ടാവില്ല അതേ തന്നെ അതിന് സ്വരൂപം എന്താണെന്ന് ചോദിച്ചോ പറയുന്നത് സ്വരൂപമാണെന്ന് ഏത് വസ്തുവിനെ ഏത് വസ്തുവിനെയും ഉപലക്ഷിതമാക്കുമ്പോൾ ഇത് സംഭവിക്കും അല്ല അത് വേറെ ഒരു പ്രശ്നം ഇവിടെ ഇപ്പം എന്തെന്നുള്ളതാണ് ബാക്കിയുള്ള കാര്യങ്ങളുടെ കാര്യം പോട്ടെ ഇത് ഉദാഹരണം പറഞ്ഞിപ്പോൾ കാക്കൻ കാക്കൻ വീട്ടിൽ ഉപലക്ഷണമാണ് അല്ലേ ഉപലക്ഷിതമെന്തായി ഗൃഹം ഉപലക്ഷിതത്വം എവിടെ വന്നോ വീട്ടിലുള്ള ഉപലക്ഷിതത്വം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും വീട് തന്നെ പറയണ വീട് തന്നെ ഉപലക്ഷിതത്വം വീടാങ്കിൽ പിന്നെ അവിടെ ഉപലക്ഷിതം ഉണ്ടോ വീട് ഉപലക്ഷിതമാവുമോ അല്ല പിന്നെ ഉപലക്ഷണം പിന്നെ കാക്കയുണ്ടോ ഒന്നുമില്ല എന്നിട്ട് ഏ ഉപക്ഷിതം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതെന്നെ ആയിരുന്നു പറഞ്ഞത് അതിനെ സ്വരൂപുന്ന് സ്വീകരിക്കുമ്പം എന്തുവരുന്ന ഉപലക്ഷിതത്വം ഇല്ല ില്ലെങ്കിൽ ഘടമുണ്ടോ ഘടത്തവും ഇല്ലാത്ത ഒരു ഘടം അങ്ങനെ ഉണ്ടാവു പുലക്ഷിതത്വം ഇല്ലെങ്കിൽ എന്തില്ല പുലക്ഷിതമായ വീടില്ല വീടുണ്ട് പക്ഷെ ഉപലക്ഷിതമായ വീട് ഇല്ല പുലക്ഷിതമില്ലെങ്കിൽ പിന്നെ ഉപലക്ഷണമുണ്ടോ അവിടെ ഉപലക്ഷണമില്ലെങ്കിൽ കാക്കയുണ്ടോ പിന്നെ ഉണ്ടെന്ന് സമർത്ഥിക്കാൻ പറ്റില്ല ഇപ്പൊ ലക്ഷ്യ ലക്ഷണം ഇവരഭേദ ലക്ഷണം സിദ്ധിക്കത്തില്ല ലക്ഷണമില്ല അതാണ് ആദ്യമേ പറഞ്ഞെന്താണ് പൃഥ്വിയുടെ ലക്ഷണം പൃഥിവിന്ന് പറഞ്ഞു പിന്നെ ലക്ഷണമാവും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ പറയാൻ സാധ്യമല്ല അപ്പോ ഇപ്പൊ ലക്ഷണം ആയിട്ട് സ്വവ്യവാര ഹേതുത്വത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രകാശത്തിൽ ഉപലക്ഷണമായിട്ട് അതിരിക്കും ഏത് സ്വവ്യവഹാരേതുത്വം പ്രകാശത്തിന് വരും സ്വയം അത് ഉപലക്ഷണമായിരിക്കും പക്ഷെ അതുകൊണ്ടെന്ത് വരും പ്രകാശം ഉപലക്ഷിതമാവും ഉപലക്ഷിതമായ എന്തുവരും പ്രകാശത്തിൽ ഉപലക്ഷിതത്വം വരും ഒരു ധർമ്മമായ അവിടെ ഇരിക്കണം ഉപലക്ഷണമുള്ളിടത്തോളം കാലം ഉപലക്ഷിതത്വവും കാണും ഉപലക്ഷിതമുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് ഉപലക്ഷണമുണ്ട് രണ്ടും എവിടെ വരും പ്രകാശത്തിൽ വരും ഉപലക്ഷിതത്വവും കാക്കി എവിടെയിരിക്കും പ്രകാശത്തിലാണ് വീട്ടിലിരിക്കും ഉപലക്ഷിതത്വം ഇരിക്കും കാക്കി ഇരിക്കുന്നിടത്തോളം വീട്ടിലെന്ത് കാണും രണ്ടും ഇരിക്കും ഇനി ഉപലക്ഷിതത്വം ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഉപലക്ഷണമെങ്കിലും ഉപലക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടോ ഉപലക്ഷണത്തെ അംഗീകരിക്കുമ്പോഴേ ഉപലക്ഷിതത്വം വരത്തുള്ളു ഇപ്പെന്ത് ചെയ്തു ഉപലക്ഷിതം പ്രകാശ സ്വരൂപമായാൽ ഉപലക്ഷിതമല്ല പ്രകാശം ഉപലക്ഷിതം ഇല്ല പ്രത്യേകിച്ച് ഉപലക്ഷിതമല്ല ഉപലക്ഷം ഇതല്ലെങ്കിൽ എന്ത് വരുന്നു ഉപലക്ഷണവും ഇല്ല പിന്നെ ഉപലക്ഷണം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം എന്താണ് ഉപലക്ഷണമാണ് പക്ഷെ അത് ഒരിക്കലും അവിടെ ഇല്ല എന്നാവോ എൻ്റെ അർത്ഥം ഒരിക്കലും ഇല്ലായിരുന്ന ഉപലക്ഷണമാകുമോ ഒരാൾ പറയണത് വീട്ടിൻ്റെ ഉപലക്ഷണം എന്താണ് കാക്ക പക്ഷെ കാക്കയെന്ന് പറയുന്ന സാധനമേ അവിടെയില്ല ഒരിക്കലും ഉണ്ടായിട്ടുമില്ല പിന്നെ ഉപലക്ഷണമാകുമോ അസവ്യവഹാരത്തെ ഉപലക്ഷണമായി സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഴപ്പം വരും ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് പറയും ഉപലക്ഷിതത്വം പ്രകാശസ്വരൂപമല്ല എന്ന് പറയും ഇതിന് ദോഷമുണ്ട് ഉപലക്ഷിത സ്വീകരിച്ചു ഉപലക്ഷിതത്വം വന്നത് പ്രകാശത്തിന്റെ സ്വരൂപമല്ല പിന്നെന്താണ് പ്രകാശത്തിന്റെ വിശേഷണമാണ് പ്രകാശത്തിന്റെ വിശേഷമാണ് ഉപലക്ഷിതത്വം അതിൽ വന്ന ധർമ്മം അപ്പം ഉപലക്ഷണം അവിടെയുണ്ട് കാക്കയുണ്ട് കാക്കയൊന്നും പോയിട്ടില്ല പക്ഷെ ഉപലക്ഷിതത്വം എവിടെയുണ്ട് പ്രകാശത്തിലുണ്ട് അത് പ്രകാശത്തിൻ്റെ വിശേഷണമാണ് വീണ്ടും പഴയ കുഴപ്പം തന്നെ ഒരു എന്താണ് പ്രകാശം എന്ന് പറയുന്നത് നിങ്ങളുടെ ജ്ഞാനം രണ്ട് പ്രകാശമില്ലല്ലോ പ്രകാശം ചിതാത്മാവാണ് അവിടെ നിങ്ങൾ ഒരു വിശേഷണം പ്രതികരിച്ചത് എന്തായാലും കൊള്ളാം സ്വാഭാവിക ഹേതുത്വമായാലും കൊള്ള ഉപലക്ഷിതത്വമായാലും ഉള്ള ഏതെങ്കിലും ഒരു വിശേഷണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വിശേഷണം മുക്തിപ്രളയാദികളിലുണ്ടോ ഇല്ലല്ലോ മുക്തിപ്രളയാദികളിൽ ആത്മനിർദ്ധർമ്മകമാണ് അപ്പോൾ അതിനെ നിങ്ങൾ എന്താണോ ഉപലക്ഷിതത്വത്തെ പ്രകാശത്തിൻ്റെ വിശേഷണമായി സ്വീകരിച്ച് അതിന് നിങ്ങൾ ലക്ഷണത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ അപ്പോ എന്ത് വരും ഉപലക്ഷിതത്വവിശിഷ്ടപ്രകാശമായി ലക്ഷണം എന്നേ സർവ്യവഹാരേദത്വ ഉപലക്ഷിതത്വ വിശിഷ്ടപ്രകാശമായി എന്ത് ലക്ഷ്യം അല്ല ലക്ഷണം അത് തന്നെ കാരണം ലക്ഷണത്തിൽ പ്രകാശം വന്നുപോയല്ലോ ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന എന്താണ് ലക്ഷ്യത്തിലും പ്രകാശമുണ്ട് ലക്ഷണത്തിലും പ്രകാശം ഒഴിവാക്കാൻ പറ്റില്ല അപ്പോ സ്വാര ഉപലക്ഷിതത്വ ഹേതുത്വ പിന്നെന്ത് വരുന്നോ ഉപലക്ഷിതത്വ വിശിഷ്ട പ്രകാശം എന്ന് പറഞ്ഞു വിശേഷമായി കഴിഞ്ഞു അപ്പോ സ്വേതുവ ഉപലക്ഷിതത്വം എന്ന വിശേഷണം പ്രകാശത്തിൽ മുക്തിപ്രളയാദികളിൽ ഇല്ല നേരത്തെ വന്ന ദോഷം ദോഷം വന്നോ ആ ദോഷത്തിൽ രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ സ്വരൂപമാക്കിയാ ദോഷം വിശേഷണമാക്കിയാൽ ദോഷം ഇനി ഒരു വഴിയേ ഉള്ളൂ എന്താണോ ആ ഉപലക്ഷിതത്വം അത് ഞങ്ങൾ ഉപലക്ഷണമായി സ്വീകരിച്ചിരിക്കുന്നു ഉപലക്ഷിതത്വം വിശേഷണമല്ല സ്വരൂപമല്ല ഉപലക്ഷണം മനസ്സിലായോ പ്രകാശത്തിൽ വന്ന ഉപലക്ഷിതത്വം എന്ന ധർമ്മത്തെ ഉപലക്ഷണമായി വീണ്ടും ചിന്തിക്കുന്നതിന് മതിലുകളൊന്നുമില്ല എങ്ങനെ വേണോ ചിന്തിച്ചു പോവാം ഒരു ഓർഡർ വേണോ ഉപലക്ഷിതത്വം എന്ന ധർമ്മം പ്രകാശത്തിൽ വന്നു അതിനെന്താക്കി ഉപലക്ഷണമായി ശരി ഉപലക്ഷണമായി സ്വീകരിക്കുകയോ എന്തിന്റെ ഉപലക്ഷണം പ്രകാശത്തിന്റെ ഉപലക്ഷണം പ്രകാശം എന്തായി ഉപലക്ഷിതമായി പ്രകാശത്തെ എന്ത് വരും വീണ്ടും ഉപലക്ഷിതത്വം അതെന്ത് വിശേഷമാണോ അതെ പ്രകാശ് ഉപലക്ഷണമാണോ അതോ സ്വരൂപമാണോ സ്വരൂപം എന്ന് പറഞ്ഞാ വരുന്ന ദോഷം നേരത്തെ പറഞ്ഞു വിശേഷം എന്ന് പറഞ്ഞാൽ വരുന്ന ദോഷം പറഞ്ഞു പിന്നെ ഒരേ ഒരു വഴിയുള്ള ഉപലക്ഷണം എന്ന് പറഞ്ഞാൽ ആ ഉപലക്ഷണം കൊണ്ട് എന്താവും വീണ്ടും ഉപലക്ഷിതം പ്രകാശം ഉപലക്ഷിതമാവും അപ്പൊ അതിലെന്തരും ഉപലക്ഷിതത്വം വരും ആ ഉപലക്ഷിതത്വം സ്വരൂപമാണോ വിശേഷമാണോ ഉപലക്ഷണമാണോ രണ്ടും പറയാൻ പറ്റില്ല ഒന്നേ പറയാൻ പറ്റൂക്ഷണം ഉപലക്ഷണം അതുകൊണ്ട് വീണ്ടും എന്താവും പ്രകാശം ഉപലക്ഷിതമാവും ഉപലക്ഷിതത്വം വരും വീണ്ടും ചോദിക്ക ഉപലക്ഷിതത്വം എന്താണോ സ്വരൂപമാണോ വിശേഷമാണോ ഉപലക്ഷണമാണോ വീണ്ടും ഒന്നേ പറയാൻ പറ്റൂ ഏത് ഉപലക്ഷണം എന്നിന്റെ ഉപലക്ഷണം പ്രകാശത്തിന്റെ അപ്പം പ്രകാശം എന്തായി ഉപലക്ഷിതമായി ഉപലക്ഷിതത്വം എവിടെ ഒന്നുറക്കം വരില്ല പറഞ്ഞു നിർത്താൻ നോക്കത്തില്ല ചിന്തക്ക് മതിൽ കെട്ടാൻ ചിന്ത മതിൽ ചാടിയ പ്രശ്നം നിൽക്കത്തില്ല ഇതിനെയാണ് എന്ത് പറയുന്നത് അനവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞാൽ ഉപലക്ഷണമായി സ്വീകരിച്ചു കഴിഞ്ഞാലും ലക്ഷണമാകുന്നു പിന്നീട് വരുന്ന ചോദ്യങ്ങൾക്ക് സമാനം പറയാൻ പറ്റുന്നു എന്നുവെച്ചാൽ ഉപലക്ഷണവും ആകുന്നില്ല സ്വരൂപമായി സ്വീകരിക്കുമ്പോൾ വന്ന എന്ത് ദോഷമാണോ അതുപോലെ ദോഷമാണ് വിശേഷണമായപ്പോഴും വന്നത് ഉപലക്ഷണമായി സ്വീകരിച്ചാലും ദോഷം വരുന്നു അനവസ്ഥ ദോഷം എന്ന് പറഞ്ഞാൽ ലക്ഷണയില്ല ലക്ഷണ അസിദ്ധി അപ്പൊ ഈ ലക്ഷണം ഉപലക്ഷിതത്വം അതിനെ സ്വരൂപമായി സ്വീകരിച്ചാൽ ലക്ഷ്യത്തിൽ അതില്ലാതാക്കണല്ലോ പറഞ്ഞത് പിന്നെ സ്വരൂപമായി സ്വീകരിച്ചാൽ എന്തിന്റെ സ്വരൂപം എന്ന് ചോദിക്കും എന്തിന്റെ പ്രകാശത്തിന്റെ സ്വരൂപം എന്താശം സ്വരൂപമായി സ്വീകരിച്ചാൽ പ്രകാശം എപ്പോഴും ഉണ്ടല്ലോ ലക്ഷണം വേണ്ടേ ഉപലക്ഷിതത്വം അത് എപ്പഴും ഉപലക്ഷണമെന്ന് പറയുന്നത് പ്രകാശമായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കാക്ക വീടായി കഴിഞ്ഞാ പിന്നെ കാക്കയുണ്ടോ അല്ല കാക്ക വീട്ടിലെന്ന് ഭിന്നല്ലേ ആണ് പക്ഷെ എന്തുവരുന്നു കുറെ കാക്ക തന്നെ വീടെന്ന് പറഞ്ഞാൽ പിന്നെ കാക്കയുണ്ടോ പ്രത്യേകിച്ച് ഉപലക്ഷിതത്വം എന്തായി പ്രകാശമായി അപ്പൊ ഉപലക്ഷിതമെന്തായി പ്രകാശമായി അപ്പൊ ഉപലക്ഷണമെന്തായി പ്രകാശം ഉപലക്ഷണം നമുക്കെപ്പോഴും പ്രത്യേകിച്ച് വേണം എന്നാലും ഉപലക്ഷണമെന്ന് പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഉപലക്ഷണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉപലക്ഷിതത്വം എന്ന് പറയുന്നൊരു ധർമ്മം വരും എന്നാണ് പറയുന്നതിൻ്റെ ഇത് എന്ത് ലക്ഷണമായി സ്വീകരിച്ചാലും ശരി എന്താണ് അവിടെ ഒരു ധർമ്മം വരും ആ ലക്ഷണത്തെ വിശേഷണമാക്കിയാലും ശരി ഉപലക്ഷണമാക്കിയാലും ശരി അങ്ങനെ ഒരു ധർമ്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവ്യാപ്തി ദോഷം അല്ലെങ്കിൽ അനവസ്ഥാ ദോഷം രണ്ട് ലേഖകളൊന്നും വന്നേക്കു അല്ല ഒരു ധർമ്മത്തെ പ്രകാശത്ത് സ്വീകരിച്ചു കഴിയുമ്പോൾ മുക്തിയിൽ അതില്ലാത്തതുകൊണ്ട് എന്ത് വരും ആ ധർമ്മത്തെ ലക്ഷണമായി സ്വീകരിക്കാൻ പറ്റില്ല അല്ല ഏതെങ്കിലും തരത്തിലൊരു ധർമ്മത്തെ അവിടെ സ്വീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആകെ സാധിക്കുന്ന എന്താണ് ഉപലക്ഷിതത്വം സ്വീകരിക്കാമെന്നാണ് ഉപലക്ഷിതത്വം എന്ന് തിരിഞ്ഞു പോയി ഉപലക്ഷിതത്വം അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തുവരും ിക്കത്തില്ല അപ്പിവിടെ മൂന്ന് പക്ഷങ്ങളാണ് ഒന്ന് സ്വരൂപപക്ഷം മറ്റൊന്ന് വിശേഷണപക്ഷം മറ്റൊന്ന് ഭൂപക്ഷണപക്ഷം അതില് ഞാൻ ഇതിന്റെ ടീങ്കും കൂടി ചേർത്താ പറഞ്ഞത് മൂലത്തിലത് മൂന്ന് വർഷവും പറയുന്നില്ല ച്യവഹാരഹേതുവം വിശേഷണം ഉപലക്ഷണം വാ വ്യവഹാര ഹേതത്വം എന്ന് വെച്ചാൽ പ്രകാശത്തിന്റെ വിശേഷണവുമായി ലക്ഷണത്തിൽ ചേർത്താണ് ലക്ഷണത്തെ കുറിച്ചാ ചിന്തിക്കുന്നത് ലക്ഷ്യത്തെ അത് മനസ്സിലാക്കില്ല ലക്ഷ്യത്തെക്കുറിച്ചല്ല ഇവിടെ ചിന്തിക്കുന്നത് ലക്ഷണത്തിൽ വരുന്ന ദോഷത്തെക്കുറിച്ചാണ് എന്താണ് ലക്ഷണമെന്നാണ് ചോദിച്ചത് അപ്പോൾ പ്രകാശം എന്ന് പറയുന്നത് കൂടെ ഏത് പ്രകാശത്തെ എടുക്കണം ലക്ഷണത്തിൽ വന്ന ആ പ്രകാശം ആ പ്രകാശത്തെ എടുക്കണം പക്ഷേ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ സാധനം ജ്ഞാനം അദ്വൈതിയെ സംബന്ധിച്ച് ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മൻ തന്നെ അതുകൊണ്ട് ഫലത്തിൽ എവിടെ ചെന്നാലും ലക്ഷ്യത്തിച്ചേരണം പക്ഷെ ഇപ്പൊ ലക്ഷണത്തിൽ നിന്ന് വേണം ചിന്തിക്കാൻ കാരണം ലക്ഷ്യത്തെക്കുറിച്ചല്ല ലക്ഷണത്തെക്കുറിച്ചാണ് കുഞ്ച വ്യവഹാര ഹേതുത്വം വിശേഷണോപലക്ഷണം അനാദ്യ ആദ്യം ഏതാണ് മുക്തിപ്രളയാദോ അവപ്തിഹേ മുക്തിപ്രളയാദികളിൽ അവ്യാപ്തി വരുന്നു കാരണം മുക്തിപ്രളയാദികളിൽ ഒരു വിശേഷണവും ബ്രഹ്മത്തിൽ ബ്രഹ്മത്തിൽ ധർമ്മങ്ങളൊന്നും ഇല്ല ഏതെങ്കിലും ഒരു വിശേഷണത്തെ ലക്ഷണമായി എടുത്തു കഴിഞ്ഞാൽ ആ ലക്ഷണത്തിൽ എന്ത് സംഭവിക്കും അവ്യാപ്തി ദോഷം ബ്രഹ്മത്തിന് ഒരു കാലത്ത് ലക്ഷണമുണ്ട് മറ്റൊരവസ്ഥയിൽ ലക്ഷണം ഇല്ല ലക്ഷ്യം എന്താണ് കൂടെ ബ്രഹ്മം ഒരു ഭാഗത്ത് ലക്ഷണം എത്തുന്നുണ്ട് വ്യവഹാരത്തിൽ സംസാരാവസ്ഥയിൽ മുക്തിയില് പ്രധാനമായ അത് രണ്ടുമാണ് വ്യവഹാരവും സംസാരവും മുക്തി മുക്തിയിൽ ലക്ഷണമില്ല വ്യവഹാരത്തിൽ ലക്ഷണം അവിടുത്തെ രണ്ടാമത്തെ ഏതാണ് ഉപലക്ഷണം പറയുന്നു ഉപലക്ഷിതത്വസാവിശേഷണത്വേ പ്രാഗോക്തോഷ അനുഷംഗ ബാക്കി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടും ഉപലക്ഷണം ആയിട്ട് വ്യവഹാര സ്വ വ്യവഹാര ഹേതുത്വത്തെ എടുത്തു കഴിഞ്ഞാൽ ആ ഉപലക്ഷണമാകുന്ന ലക്ഷണം കൊണ്ട് ഉപലക്ഷിതമാകുന്നു എന്ത് പ്രകാശം എവിടെ വരും പ്രകാശത്തിൽ വരും അത് ഉപലക്ഷണം വന്നാൽ ഉപലക്ഷിതത്വം വരും എത്ര ധൂമ തത്ര അഗ്നി അതുപോലെയാണ് ധൂമുണ്ടെങ്കിൽ അവിടെ ഭണ്യും കാണും ഭന്യ ഇല്ലെങ്കിൽ ധൂമില്ല മഞ്ഞി ഇല്ലെങ്കിൽ ധൂമം കാണൂ ധൂമം ഉണ്ടെങ്കിൽ മണ്ണിറക്കും ഭന്യ ഇല്ലെങ്കിൽ ധൂമില്ല അതുപോലെയാണ് ഇവിടെ ഇവിടെ പ്രലക്ഷണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തുവരും ഉപലക്ഷിതത്വം വരും ഉപലക്ഷിതത്വം ഇല്ലെങ്കിൽ ഉപലക്ഷണ അതാണ് ഉപലക്ഷിതത്വശ്യാപി വിശേഷണത്വേ എന്തിന്റെ വിശേഷണം പ്രകാശത്തിന്റെ ഈ പ്രകാശം എന്ന് പറയുന്നത് എന്താണ് ലക്ഷണത്തിന്റെ വിശേഷ്യം ലക്ഷണത്തിന്റെ വിശേഷമാണെന്ത് പ്രകാശം ഉപലക്ഷിതത്വ സവിശേഷണത്വരുന്നു പ്രാഗുക്തോഷ അനുഷങ്കം മുമ്പ് പറഞ്ഞ ദോഷം വീണ്ടും വരുന്നു എന്ത് ദോഷം വ്യാപ്തി ദോഷം എന്തുകൊണ്ട് മുക്തിപ്രളയാദികളിൽ ഒരു വിശേഷണം ഇരിക്കാത്തതുകൊണ്ട് ി പറയുന്നു സ്വരൂപമാത്രത്വേ ഉപലക്ഷിതത്വത്തിന് സ്വരൂപമായി സ്വീകരിക്കുക ഏതെൻ്റെ സ്വരൂപം ഏതു പ്രകാശം ലക്ഷ്യത്തിലെ ലക്ഷണത്തിൽ വിശേഷിയുമായിരിക്കുന്ന ആ പ്രകാശം സ്വരൂപമാത്രത്വേതു എന്തുവരുന്നു ജ്ഞാനം പ്രകാശ ഇത്യവ സാത് പ്രകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണോ ജഡപ്രകാശമാണോ ജ്ഞാനം ലക്ഷ്യം എന്താണോ പ്രകാശം സ്വപ്രകാശിതാത്മന അവിടെ പ്രകാശം എന്നാ പറഞ്ഞത് ലക്ഷണത്തിലെ പ്രകാശം എന്ന് പറയുന്നത് കൊണ്ട് അദ്വൈതി എന്തർത്ഥം എടുക്കും ജ്ഞാനം എടുക്കും അല്ലേ ഞാനാണല്ലോ ജഡപ്രകാശത്തെ എടുക്കാൻ പറ്റില്ല പക്ഷെ ലക്ഷ്യം എന്താണോ സ്വപ്രകാശം അത് പ്രകാശം എന്ന് അപ്പോ ഇപ്പെന്തായി ജ്ഞാനം പ്രകാശന സ്വവ്യവാരം ഏതൊക്കെ പോയി പിന്നെ ശേഷിക്കുന്ന എന്താണ് പ്രകാശം അതെന്താണ് ജ്ഞാനം ലക്ഷ്യം എന്താണ് അതാണ് ജ്ഞാനം പ്രകാശ ഇത്യവ സ്യോത് തഥാകഥി ന ലക്ഷണസിദ്ധി അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്താണോ ക്ഷണസി വരുന്നില്ല അപ്പൊ ഇവിടെ ഈ മൂലഗ്രന്ഥത്തിൽ പറഞ്ഞതിൽ നിന്നും കൂടുതലായിട്ട് ഒരു കാര്യം കൂടെ വിശദീകരിച്ചോ പറഞ്ഞ അതെന്താണോ ഉപലക്ഷണമായി സ്വീകരിച്ചാൽ അതുകൂടെയും പറഞ്ഞല്ലോ സ്വരൂപമാത്രത്വവും പറഞ്ഞു ഉപലക്ഷിതത്വവും പറഞ്ഞു കൂടുതലായി പറഞ്ഞു എന്താണ് പറഞ്ഞത് അനവസ്ഥ ദോഷ എങ്ങനെ പറഞ്ഞു ഇവിടെ രണ്ട് ദോഷയെ പറഞ്ഞുള്ളു മൂന്നാമതൊരു ദോഷം കൂടെ പറഞ്ഞു എങ്ങനെ വന്നത് ഉപലക്ഷണമായി സ്വീകരിച്ചാൽ ഉപ ഉപലക്ഷിതത്വം ആ ആ പക്ഷ കൂടെ പറഞ്ഞിരുന്നു ഉപലക്ഷിതത്വസ്യാവിശേഷണത്വം ഒരു പക്ഷേ പറഞ്ഞു ഉപലക്ഷിതത്വത്തെ വിശേഷണമായി എടുത്താൽ മുമ്പ് പറഞ്ഞ ദോഷം അതിനെ ഉപലക്ഷിതത്വത്തെ ഉപലക്ഷണമായെടുത്താൽ എന്ത് സംഭവിക്കും അതിവിടെ ചർച്ച ചെയ്യുന്നുണ്ട് വ്യാഖ്യാനത്തിലുണ്ട് മനസ്സിലായോ ഉപലക്ഷിതത്വത്തെ എന്തായിട്ടെടുത്തു വിശേഷണം വിശേഷണമായി കഴിഞ്ഞാൽ പ്രകാശത്തിലുള്ള വിശേഷണവും എന്നും നില്ക്കത്തില്ല പറഞ്ഞ ദോഷമാണ് എന്തുകൊണ്ടതിനുപലക്ഷണമായി എടുത്തോട അതിന് ഉപലക്ഷണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തു പറഞ്ഞു ഉറക്കം വരത്തില്ല അല്ലാതെ ഇന്ന് ഉറക്കം കുറവുള്ളവരാണ് ഇനി ഉപലക്ഷണമായിട്ടൂടെ എടുത്ത് ഉള്ളവർക്കം കൂടെ കളയരുത് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പോകും ഉപലക്ഷിതത്വം ഉപലക്ഷണമായി എന്തിൻ്റെ ഉപലക്ഷണം പ്രകാശത്തിൻ്റെ അത് ഉപലക്ഷിതമായി അപ്പൊ അവിടെ എന്തോന്നു ഉപലക്ഷണം ഉപലക്ഷിതത്വം അതെന്താണ് ഉപലക്ഷണം എന്തിന്റെ ഉപലക്ഷണം അത് പ്രകാശ് ഉപലക്ഷിതം അവിടെ എന്തോന്നു ഉപലക്ഷിതത്വം അതെന്താണ് അതുപലക്ഷണം ഏതെന്റെ ഉപലക്ഷണം പ്രകാശത്തിന്റെ പ്രകാശം എന്തായി ഉപലക്ഷിതം അവിടെ എന്തോന്ന് ഉപലക്ഷിതത്വം അതെന്താണ് ഉപലക്ഷണം ഏതെന്റെ ഉപലക്ഷണം അത്രയും പറഞ്ഞാൽ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു ഇതാണ് അനവസ്ഥ പറഞ്ഞു മനസ്സിലായോ എങ്ങനെ ലക്ഷണം ശരിയാകത്തില്ല എന്നുള്ളത് മനസ്സിലായോ ഇന്ന താഴെ എഴുതിയിരിക്കുന്ന ആരെങ്കിലും വായിച്ചു നോക്കിയോ ഹിന്ദി ഇപ്പം എല്ലാവരുടെ എങ്കിലും ഉണ്ടല്ലോ വായിച്ചു നോക്കിയോ മനസ്സിലായോ കുഴപ്പല്ല ഒന്നുകൂടെ വായിച്ച് നോക്കിയാൽ മതി ഒന്നുകൂടെ വായിച്ചു നോക്കിട്ട് നാളെ ഞാൻ ചോദിക്കുമ്പോൾ മനസ്സിലായത് നാളെ പറഞ്ഞാൽ മതി ക്ലാസ് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഈ ക്ലാസ് അല്ല ഹിന്ദി ഹിന്ദി ഉം ഉണ്ടോ അതാളുടെ സ്ഥലത്തില്ലല്ലോ കേട്ടിട്ട് പ്രയോജനമില്ലല്ലോ ഹിന്ദി അറിയാന്നുള്ളവർക്കേ പറ്റും അപ്പത് ശ്രദ്ധിച്ച് ഇത് രണ്ടും നോക്കി മനസ്സിലാക്കണം കേട്ടെന്ന് മനസ്സിലാക്കണം എന്നിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കണം കാരണം എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ പഠന പാഠനം എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപൂർവങ്ങളിൽ അപൂർവമാണ് അധികം ഒന്നും ചിന്തിക്കാറില്ല ഇനി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ തന്നെ ർക്കും പല ഭാഗങ്ങളും മനസ്സിലാകത്തില്ല ഒന്നും മനസ്സിലാവില്ല എന്നുള്ളതല്ല പല ഭാഗങ്ങളും മനസ്സിലാകാതെയും വരും അപ്പൊ ഞാൻ ചോദിച്ച് മറുപടി പറയുന്ന കേൾക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നു കുറച്ചുപേര് മനസ്സിലാക്കുന്നുണ്ടെന്നാണ് മിണ്ടാത്തവരുണ്ട് മോനികൾ അവർക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാവഴിയില്ല സംസാരിക്കുന്നവർ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു സംസാരിക്കാത്തവരൊരു പക്ഷെ മിണ്ടാത്തുകൊണ്ടായിരിക്കാം പേടിച്ചിട്ടായിരിക്കാം ലജ്ജ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ ആരും മനസ്സിലാക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളെ അറിവിനെ ആരും അളക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ചിലരുടെ പ്രകൃതമായിരിക്കാം അവരുടെ കാര്യം എനിക്കറിയത്തില്ല ചിലർക്ക് പ്രതിഷേധമാകാം തിനോടൊ പ്രതീക്ഷ അതെന്തോ ആയിക്കൊള്ളട്ടെ അത് മനസ്സിലാകുന്നുണ്ട് കുറച്ചുപേരെന്തായാലും മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് മറുപടി പറയാൻ പറ്റത്തില്ല ശരിയായ മറുപടി പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനു വേണ്ടി സമയം കളയുന്നത് വെറുതെ അല്ല എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഒരു കടമ്പ ഇതാണ് ഈ ഭാഗമാണ് ഇതിന്റെ ചർച്ചയിപ്പോ കഴിഞ്ഞു പ്രധാന ഇനി ഒരു അല്പം കൂടെ ഉള്ളു അപ്പൊ ഇത് മനസ്സിലായെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് ഏത് ഭാഗവും മനസ്സിലാവും ഇത് ഇതിൽ പ്രയാസമുള്ള ഭാഗങ്ങൾ ഇതിനും വലിയ പ്രയാസമുള്ള ഭാഗമൊന്നുമില്ല ഇതുപോലെ തന്നെ ബാക്കിയ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇത്രയും മനസ്സിലാക്കിയവർക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം മനസ്സിലാകാത്തവർ മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുക എന്നുവെച്ചാൽ ഈ ക്ലാസ് വീണ്ടും കേട്ടു നോക്കുക വ്യാഖ്യാനങ്ങളെല്ലാം വായിച്ചു പോകും ഹിന്ദിയില് രണ്ട് വ്യാഖ്യാനം ഉണ്ട് ഇതല്ല വേറൊരു വ്യാഖ്യാനം ഉണ്ട് ഷഡ്ശാസ്ത്രീടെ അതും നെറ്റില് കിട്ടുന്നതാണ് ഹിന്ദി വ്യാഖ്യാനം ഗീതാപ്രസിന്റെ ഒരു വ്യാഖ്യാനം വായിച്ചു അത്ര ഗീതാപ്രസിന്റെ വ്യാഖ്യാനം ഒന്നു ആരോറ് ഗീതാപ്രസ് ഇതിന് എങ്ങനെയാ വ്യാഖ്യാനം അവർ പ്രസിദ്ധീകരിച്ചു ആ പബ്ലിക്കേഷൻ വ്യാഖ്യാനം വേറെ ഹിന്ദി വ്യാഖ്യാനം കിട്ടിയിരുന്നു അന്താജ് അന്താജിത് അത്ര ഇതിനൊക്കെ ഇത് വ്യാഖ്യാനിക്കാൻ ഗീതാപ്രസുകാർക്കൊന്നും പറ്റത്തില്ല അതിന്റെ വ്യാഖ്യാനം എഴുതുന്നവർക്കൊന്നും പറ്റത്തില്ല അവിടുത്തെ വ്യാഖ്യാനം വേറെ ശൈലിയാണ് ഇത് ഒരു തർക്ക ശൈലി അറിയാവുന്നവർക്ക് ഇത് വ്യാഖ്യാനിക്കാൻ പറ്റും ഇത് മതപ്രഭാഷണം നടത്തുന്ന സാധനമല്ല ഗീതാപ്രസിന്റെ വ്യാഖ്യാനങ്ങളെന്ന് പറഞ്ഞല്ലാം മതപ്രഭാഷണമാണ് ഇത് ഇതിലത് നടക്കത്തില്ല അതുകൊണ്ട് ഗീതാപ്രസരിക്കലും അതിൻ്റെ ആൾക്കാർക്കൊന്നും ഇത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല ഷട്ശാസ്ത്രി എന്ന് പറയുന്ന ആള് വ്യാഖ്യാനിച്ചിട്ടുണ്ട് യോഗീന്ദ്രാനന്ദജി രണ്ട് വ്യാഖ്യാനമാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഒരു വ്യാഖ്യാനം കൂടെ ഉണ്ട് പക്ഷെ ഞാനത് കണ്ടതായി ഓർക്കുന്നുണ്ട് പക്ഷേ അത് ഷട്ശാസ്ത്രിയുടെ വ്യാഖ്യാനമാണോ വേറെ പ്രത്യേകിച്ചതെന്ന് എനിക്കറിയത്തില്ല ഒരു സംശയമുണ്ട് പിന്നെ വേറെ ഏതെങ്കിലും ക്ലാസ്സുകൾ നെറ്റിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല നെറ്റിലാകെ ഉള്ളത് എൻ്റെ ഗുരുനാഥൻ്റെ ക്ലാസ്സാണ് അത് ഇപ്പോൾ കൊണ്ട് ഹിന്ദി അറിയാമെന്നുള്ളൊരിതൊക്കെ ഒന്ന് കേട്ട് നോക്കുക എന്നിട്ട് ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ ധാരാളം സാവകാശം തന്നിട്ടാണിത് ചർച്ച ചെയ്യുന്നത് കാരണം ഇത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായി മനസ്സിലാക്കി പോകേണ്ടതാണ് പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു പോയാൽ ആർക്കും ഒരു പ്രയോജനവും ചെയ്യത്തില്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ലക്ഷണത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്ത ദിവസം മുമ്പോട്ട് പോകാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് ओम शांति शांति शांति ओम श्री गुरुदेव नमः हरि सो